e y si te soy തദപ്യോകാര <laughs> <laughs> <laughs> <laughs> ജാഗരിസ്ഥാനോഹിത്രം വൈശ്വാനർ പ്രഥമ പാദ േദ പ്രധർ ഗ്രാഹ്യം അലക്ഷണം അചിന്യം അമ്യപദേശം ഏകാത്മ പ്രത്യസാരം പ്രപഞ്ചോശനം ശാന്തം ശിവം അത്വൈതം ചതുർത്ഥം മഞ്ഞത്തെ സാത്മാ സവിജ്ഞേയ ൈശവാ ഉമാത്രീമോ സർവാൻ കാ ൈജസോ ദ്ധമാത്ര ഉത്കർഷാഭയത് ഉത്കർഷേ വൈ ജനസന്ധതി സമാനശ്ചൂതി നമ്മവിധ കാതൃതീയ മാത്രീരാ വിനോദിഹ വർമീ മാത്രോ വ്യവഹാര പ്രപഞ്ചോശ്രൂവന് ആത്മീവ സംവിശതി ആത്മന ആത്മാനം യംവേദ ി പ്രകടനത്തിൽ എൺപത്തി എട്ടാമത് കാര്യം അവസ്ഥ അനുപലംഭം ചോകോത്തരമതി സ്മൃതം ജനം ജേയം ച വിജ്ഞ ജാഗ്രതെ കുറിച്ച് പറയുന്നു അവസ്തു സ്വപലംബം സ്വപ്നത്തെ കുറിച്ച് അവിടുത്തെ സവസ്തു പറഞ്ഞ അവിടെ വ്യവഹാരികമായ അനുഭവമുണ്ട് ഇവിടുത്തെ അവസ്തു പറഞ്ഞു അവിടെ വ്യവഹാരിക പദാർത്ഥമില്ല പ്രതീതി മാത്രം ഒന്നിനെ ലൗകികം ജാഗ്രത്തിന് സ്വപ്നത്തെ ശുദ്ധം ലഭ്യ ജാഗ്രതത്തിൽ വ്യവഹാരികമായ വസ്തുക്കളുമുണ്ട് പ്രാതിഭാസികമായ വസ്തുക്കളുമുണ്ട് സ്വപ്നത്തിനാണെങ്കിലോ അവിടെ പ്രതിഭാസം മാത്രം ജാഗ്രതത്തിലെ വ്യവഹാരം അവിടെയില്ല പിന്നീട് മൂന്നാമത് വരുന്നു അവസ്ഥ അനുബലംബം മുമ്പ് പറഞ്ഞ രണ്ടും നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് അവസ്തു ഗ്രാഹ്യ ഗ്രഹണവർജിതം സുഷു ഗ്രാഹ്യമില്ല ഗ്രഹണവുമില്ല പ്രതീതിയില്ല പ്രതീതിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നിനെ അറിയുന്നില്ല അതാണ് ഗ്രഹണവർജിതം ഇല്ല ഗ്രാഹ്യമായ വസ്തുക്കളാണ് ജാഗ്രതത്തിലെ വ്യവഹാരികമോ പ്രാതിഭാസികവുമായ വസ്തുക്കളും അവിടെയില്ല സ്വപ്നത്തിലെ പ്രാതിഭാസിക വസ്തുക്കളും അവിടെയില്ല അതാണ് ഗ്രാഹ്യ ഗ്രഹണവർജിതം വ്യക്തിയത് അതുകൊണ്ടെന്ന് പറഞ്ഞു ലോകോത്തരം വ്യവഹാരാതീതമാണ് ജാഗ്രതയിൽ വ്യവഹാരം സംഭവിക്കുന്നു സ്വപ്നത്തെ കുറിച്ച് വ്യവഹരിക്കാൻ കഴിയും സ്വപ്നത്തിൽ വ്യവഹാരം നടക്കുന്നു അവിടെ കാണുന്നു കേൾക്കുന്നു ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നു ജാഗ്രതത് സ്പഷ്ടമാണ് സൃഷ്ടിയെ കുറിച്ച് പറയുന്നു അത് ലോകോത്തരമാണ് ജാഗ്രതത്തിലെ സ്ഥൂലമായ അനുഭവങ്ങളോ സ്വപ്നത്തിലെ സൂക്ഷ്മമായ അനുഭവങ്ങളോ ഒന്നും അവിടെ ഇല്ല അതേവ ലോകാതീതം അത് ലോകാതീതമാണ് എന്ന് പറഞ്ഞാൽ അനുഭവാതീതമാണ് അനുഭവാതീതമാണ് എന്ന് പറയുമ്പോൾ ജാഗ്രത അനുഭവത്തിന് സ്വപ്നാനുഭവത്തിനും അതീതം സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട് അറിയുന്നില്ലെന്നല്ല അനുഭവം അതീതെന്നുള്ളത് ഞാൻ ഉറങ്ങി എന്നറിയുന്നുണ്ട് ഉയർന്നതിന് ശേഷമുള്ള അറിവ് അത് സ്മരണയാകാം അല്ലെങ്കിൽ അനുമാനമാകാം എന്തായാലും അതിനെ സംബന്ധിച്ച് അറിവുണ്ട് അറിയുന്നുണ്ട് സുപ്തനെക്കുറിച്ചുള്ള ബോധമുണ്ട് വ്യവഹാരാതീതമായിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനെ അറിയുന്നു സ്വപ്നത്തെ സ്വപ്നത്തിൽ തന്നെ അറിയുന്നു ജാഗ്രതന്നെ അറിയുന്നു സുഷിയെ സംബന്ധിച്ച് നമുക്കറിയുന്നു അറിയുന്നില്ല എന്നൊന്നും ആ സമയത്ത് പറയാൻ കഴിയുന്നില്ല സ്വപ്നത്തെ കുറിച്ച് സ്മരിക്കുമ്പോ എന്താണ് അവിടെ ഞാൻ കണ്ടു കേട്ടു ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായി ജാഗ്രത സ്മരിക്കാൻ കഴിയുന്നു സുശക്തിയെക്കുറിച്ച് അറിയുമ്പോഴോ ജാഗ്രത കണ്ടു കേട്ടു അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടതായി അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ലോകാതീതം എന്ന് പറഞ്ഞു ഗ്രാഹ്യ ഗ്രഹണ വിഷയവും ഹി ലോക ലോകം എന്ന് പറയുന്ന എന്താണോ ലോകമെന്നോ പ്രപഞ്ചമെന്നോ ചിലോകത്തിന് ശരീരമെന്നോ ഒക്കെ അർത്ഥം വരും അത് ശരിക്കും പറഞ്ഞാൽ ഗ്രാഹ്യഗ്രഹണ വിഷയമാണ് ഗ്രഹണ വിഷയമായിരിക്കുന്നു ഗ്രാഹ്യമായിരിക്കുന്നു ഗ്രഹിക്കപ്പെടുന്നതെല്ലാം ലോകമാണ് ഗ്രഹിക്കുന്ന എന്തുകൊണ്ട് ഗ്രഹണം കൊണ്ട് ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന സർവ ലോകമാണ് ഭാവാ അത് അവിടെയില്ല സുഷ്ടിയിലില്ല സർവപ്രവൃത്തി ബീജം സുഷിത്തം എന്നാലും ഇതൊന്നും അവിടെയില്ലെങ്കിൽ ഈ അനുഭവങ്ങൾ അവിടെയില്ല വ്യവഹാരമില്ല മറ്റു പ്രതീതികളില്ല ഇല്ലെങ്കിലും നമ്മുടെ അനുഭവത്തിലെന്താണോ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഗാഠനിദ്രയിൽ നിന്നും ജാഗ്രത്തിലേക്ക് വരുന്നതായുഭം ജാഗ്രതയിൽ നിന്ന് തിരിച്ചു അങ്ങോട്ട് പോകുന്നതായിട്ട് അനുഭവം ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായും ജാഗ്രത സ്വപ്നങ്ങളിൽ നൽകുന്ന സർവ പ്രവൃത്തികളുടെയും ബീജമായിരിക്കുന്നത് കാരണമായിരിക്കുന്നത് അത് ഈ സുഷൃപ്തിയാണ് അതാണ് സർവപ്രവൃത്തി ബീജം സുഷത്വം ഇത്തി ഏത് ദൈവം സ്മൃതം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആചാര്യന്മാർ എല്ലാം ഇതിനെക്കുറിച്ച് ഉപദേശിച്ചിട്ടുള്ള ഈ രീതിയിലാണ് എന്താണ് ഇതിനെ പരമാവധി പറയാവെന്നുള്ളതാണ് കാരണം ഈ കാണുന്ന ജാഗ്രത സ്വപ്ന പ്രതിഭാസങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആധാരം വേണമല്ലോ ആ ആധാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് അത് സുഷുപ്തിലബം ച ലോകോത്തരം എന്ന് പറയുന്നത് സുഷുയെ കുറിച്ചായി ഇത് സ്മൃതം അടുത്തു പറയുന്നത് എന്താണ് ജ്ഞാനം ച വിജ്ഞേയം ഈ മൂന്നിനെ കുറിച്ച് പറയുകയാണ് സ്വപായം പരമാർത്ഥ തത്വം സ്വപായം പരമാർത്ഥത്വം ഉപായങ്ങളോടുകൂടിയിരിക്കുന്നു എന്നുവെച്ചാൽ മോക്ഷത്തിനുള്ള ഉപായങ്ങളോടുകൂടിയിരിക്കുന്നു പരമാർത്ഥതം സാധന ഉപായം എന്ന് വെച്ചാൽ സാധന അങ്ങനെയുള്ള പരമാർത്ഥതം ലൗകികമെന്നുള്ളത് ലൗകികം എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ പരമാർത്ഥ തത്വം എന്ന് പറഞ്ഞിരിക്കുന്നു പരമാർത്ഥം എന്ന് വെച്ചാൽ വ്യവഹാരികം എന്നുള്ള അർത്ഥത്തിലാണ് വ്യവഹാരികത്തിന് ലൗകിക പരമാർത്ഥം എന്ന് പറയും അങ്ങനെ പറയാറുണ്ട് ലൌകിക പരമാർത്ഥം എന്ന് പറയാനെന്താ കാരണം പ്രതീതിയെ അപേക്ഷിച്ചത് പരമാർത്ഥമാണ് സ്വപ്നത്തെ അപേക്ഷിച്ച് ജാഗ്രത പരമാർത്ഥമാണ് രജുസർപ്പത്തെ അപേക്ഷിച്ച് വാസ്തു സർപ്പം പരമാർത്ഥമാണ് അതുകൊണ്ട് ഈ വ്യവഹാരത്തിനെയും പരമാർത്ഥം എന്ന് പറയും ലൗകികമെന്ന് പറഞ്ഞാൽ പോലെ എന്താ ചോദിച്ചാൽ ലൗകികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും എടുക്കാം ജാഗ്രത എടുക്കാം സ്വപ്നത്തെയും എടുക്കാം വ്യാവഹാരികത്തെയും പ്രാതിഭാസികത്തെയും എടുക്കാം അപ്പം പ്രാതിഭാസികത്തിന് വ്യവഹാരത്തിൽ നിന്ന് ഒഴിവാക്കാം കേവലം വ്യാവഹാരികമായ മാത്രം എടുക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പരമാർത്ഥ തത്വം ലൗകികം അതാണ് ശബ്ദങ്ങൾ അർത്ഥമാറ്റത്തോടുകൂടി ഉപയോഗിക്കുന്നത് സാധന പരമാർത്ഥമെന്ന് പറഞ്ഞാൽ ആത്മാവ് അതിനെ ആധ്യാത്മികമായ വിഷയങ്ങൾ ചർച്ചയും നടത്താൻ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഭാഷയ്ക്കോ ഭാഷയുടെ നിയമങ്ങൾക്കോ ഒന്നും പല സന്ദർഭങ്ങളിലും ആചാര്യന്മാർ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വ്യാവഹാരികത്തിന് പരമാർത്ഥം എന്ന് പറയാൻ കഴിയാറുണ്ട് പക്ഷെ ഇവിടെ വ്യാവഹാരിക എന്നുള്ളതിന് ആത്മാവിന് വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദം പരമാർത്ഥം തത്വം എന്നിവിടെ പരമാർത്ഥം എന്ന് മാത്രല്ല പരമാർത്ഥം എന്ന് പറഞ്ഞ ഒരിക്കലും പറയാൻ പാടില്ല ആശയങ്ങൾ ചില സ്ഥലത്ത് എങ്ങനെയാണ് പ്രാധാന്യം കൊടുക്കും ഭാഷയ്ക്കവിടെ രണ്ടാമത്തെ സ്ഥാന ഏത് ഭാഷ പ്രയോഗിച്ചാലും ശരി അവിടെ ആശയം നമുക്ക് പിടികിട്ടുകയും ചെയ്യും ഇവിടെ പരമാർത്ഥ തത്വം ലൗകികം എന്ന് പറയുമ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് പിടിക്കാം പറയുന്നത് എന്തുകൊണ്ട് അടുത്ത് പറയുന്നു ശുദ്ധ ലൗകികം അപ്പൊ അത് നോക്ക് സ്വപ്നത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പരമാർത്ഥ തത്വം ലൗകികം അസോപായം എന്ന് പറഞ്ഞു അസോപായം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ശ്രവണാദി സാധനങ്ങളെല്ലാം നടക്കുന്ന എവിടെയാണ് ജാഗ്രത അതാണ് ശുദ്ധ ലൗകികത്തെ അപേക്ഷിച്ചാൽ വരുന്ന പ്രാധാന്യം സാധനങ്ങൾ ഗുരു ശാസ്ത്രം എല്ലാം ജാഗ്രതത്തിലാണ് അതുകൊണ്ട് അതിനൊരു വിശേഷണം കൊടുത്ത് സ്വാഭാവം പരമാർത്ഥത്വം ലൗകികം സ്വപ്നത്തിൽ നിന്നൊക്കെ ആയിക്കൂടെ സ്വപ്നത്തിൽ ഇതൊക്കെ ആകാം അവിടെ ഈ ശാസ്ത്രവും ഗുരുവും സാധനയൊക്കെ വരാം പക്ഷേ അത് നമുക്ക് ജാഗ്രതയിൽ പ്രയോജനപ്പെടുന്നുണ്ട് അതിന്റെ ഗുണവും ദോഷമല്ല സ്വപ്നത്തിന്റെ ഇവിടെ ഇപ്പോൾ ശാസ്ത്രത്തെ ചർച്ച ചെയ്യുന്നത് ഗുരു ഉപദേശിക്കുന്നതൊക്കെ ഇവിടെ സ്വപ്നത്തിലുള്ള ജാഗ്രതനാണ് അതുകൊണ്ട് ജാഗ്രതയിൽ ചർച്ച നടക്കുന്നുണ്ട് പറയുന്നു സ്വഭാവം പരമാർത്ഥതം സൗമികം ളോ കൂടിയിരിക്കുന്ന ഈ വ്യാവഹാരിക നില ഈ ജാഗ്രത്ത് ഒന്ന് രണ്ടാമത് ശുദ്ധ ലൗകിക സ്വപ്നം ലോകോത്തരം മൂന്നാമത്തത് സുഷുപ്തി അതാണ് ഇവിടെ കാര്യം പറഞ്ഞ ജ്ഞാനം ഏന ജ്ഞാനേന ന്യായതേ തജ്ഞാനം ഇതെല്ലാം ഏതൊരു ജ്ഞാനം കൊണ്ടാണോ അറിയുന്നത് അതാണ് ജ്ഞാനം ഇതെല്ലാം വെളിപ്പെടുന്നത് ഏതെന്നാണ് ഇതൊക്കെ വെളിപ്പെടുന്നത് ഏതൊരു പ്രകാശത്തിലാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത് അതിന് ജ്ഞാനം എന്ന് പറയുന്നു ജാഗ്രതായാലും സ്വപ്നമായാലും സുഷുപ്തിയായാലും സുഷുപ്തിയുടെ ജാഗ്രത സ്വപ്നങ്ങളുടെ കാര്യത്തിൽ വിവാദമുണ്ട് സുഷുപ്തിയുടെ കാര്യത്തിലാണ് വിവാദം സുഷുപ്തിയെ നിങ്ങൾ അറിയുന്നുണ്ടോ ഇപ്പോൾ ജാഗ്രതയിൽ അറിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കം ജാഗ്രത്തിൽ സ്മരിക്കുന്നു ഞാൻ ഉറങ്ങി ഞാൻ സ്വപ്നനായിരുന്നു ശരി ആ സമയത്ത് ജാഗ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് ജാഗ്രതാണെന്നറിയുന്നു സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞു എനിക്കവിടെ അറിവുണ്ടായി സ്വപ്നമെന്നല്ല ആ സ്വപ്ന വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് അനുഭവം അനുഭവം ഉണ്ടായി ണന്നതിനു ശേഷം നമ്മളതിന് ഒരു പേരിട്ട് വിളിക്കുകയാണ് സ്വപ്നം ഇതുപോലെ സുപ്തനായിരുന്നപ്പോ എനിക്ക് എന്തിനെങ്കിലും അറിയാൻ കഴിഞ്ഞോ അറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അറിയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാലും വിവാഹമുണ്ടാവും കാരണം ഒരാവരണത്തിൽ അവിടെ സംഭവിക്കുന്നു അല്ല എന്നാണ് ഉണർന്നതിന് ശേഷം നമ്മൾ അതിനെ കുറിച്ച് ആ സ്മരിക്കുന്നിടത്ത് അസ്മരണയിൽ ഒരാവരണം വന്ന് എല്ലാത്തിനും മുടികളയും ഒന്നും അറിഞ്ഞില്ല അതാണ് ആവരണത്തിന്റെ സ്വഭാവം അതുകൊണ്ട് ഉറങ്ങി ഇരുന്ന സമയത്ത് ഉറങ്ങി ആ സമയത്ത് അതിനെ അറിഞ്ഞു വന്നു അവിടെ വിവാദം ഉണ്ടാകും അനുഭവമാണോ മറ്റെന്തെങ്കിലും ആണോ അത് ഇവിടെ ചിലടത്ത് പറയും സാക്ഷിഭാസ്യമാണ് അവിടെ കേവലം സാക്ഷി മാത്രമായിരുന്നു ആ സാക്ഷി ആ അറിവില്ലാമേ പ്രകാശിപ്പിച്ചു എന്നുള്ള സാങ്കേതികമായ സമാധാനങ്ങളാണ് ആ പറയുന്നത് ഒരു സമാധാനത്തിലൂടെ പൂർണതയിൽ ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും ആ പൂർണത അതിന്റെ വിവരണങ്ങളിലുള്ള പൂർണ്ണത സുഹൃത്തിയെ സംബന്ധിച്ചുണ്ടാകത്തില്ല എന്നാലും ജാഗ്രത നമുക്ക് പറയാമെന്താണ് ഞാൻ ഉറങ്ങി അതുകൊണ്ട് അതും ന്യമാണ്ം ഏതാനീവ ത്രീണി ഇത് മൂന്നുമാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികളാണ് ഞേയം ഏതദ്വ്യതിരേഖയാനുപത്തി ഇതല്ലാതെ ജേയം എന്ന് പറയണ ഒന്നില്ല നമ്മുടെ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമില്ല ജേയമായിട്ട് ഇത്രയുള്ളു ജേയം ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നതോ അത് ജ്ഞാനം അതെന്തിനാണോ പ്രകാശിപ്പിക്കുന്നത് ആ ഞേയം മൂന്നാണ് ജാഗ്രസ്വപ്നം സർവപ്രഭാപ്രൽപ്പിത വസ്തുനോ അത്രയോ അന്തർഭാവാ സർവപ്രവാതുക കല്പന എന്ന് പറഞ്ഞല്ലോ അസ്ഥി നാസ് അസ്ഥി നാസ്തീരി എന്നെല്ലാം പറഞ്ഞു അനേകാചാര്യന്മാരുടെ പലതരത്തിലുള്ള കല്പനകൾ അവരെന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അത്രയോ അന്തർഭാവാ ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു ജാങ്കലത്തിനെയും അതിവിപുലമായ പ്രപഞ്ചം വിപുലമായ പ്രപഞ്ചമെന്ന് പറയുന്നത് അന്തമില്ലാത്ത പ്രപഞ്ചം അവസാനമില്ലാത്ത പ്രപഞ്ചമെന്നൊക്കെ പറയുന്ന എന്താണ് കേവലം വ്യക്തി നിഷ്ഠമായ ജാഗ്രത മാത്രമാണ് ഈ ഉണർവ് മാത്രമാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ ഉണർവിനപ്പുറം പോയി ഒരു പ്രപഞ്ചത്തെ കണ്ടുപിടിക്കുക അതാർക്ക് സാധ്യമല്ല ഉണർന്നിരുന്നാൽ ഈ പ്രപഞ്ചമുണ്ട് സ്വപ്നത്തിലേക്ക് പോയാലും അവിടെ പ്രപഞ്ചമില്ല സൃഷ്ടിയിലേക്ക് പോയാലും ഇല്ല അപ്പോ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ഈ അറിവ് ഈ ജാഗ്രത അറിവ് ഈ അറിവിൽ മാത്രം നീക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ അതിവിപുലമായ പ്രപഞ്ചമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ച് എന്തെല്ലാം കണ്ടെത്തിയാലും എല്ലാം ഈ അറിവിൽ പ്രകാശിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെ തന്നെയാണ് സ്വപ്നത്തെ സംബന്ധിച്ചത് സ്വപ്ന പ്രപഞ്ചം അറിവിൽ പ്രകാശിക്കുന്നതാണ് അനപ്പറ അതുകൊണ്ടിവിടെ അജാതത്തിൽ പറയും എന്താണോ ഇത് രണ്ടും ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ അത് ഈ അറിവിൽ നിന്ന് വേറിട്ടില്ല എന്തിനാണോ ഏതാണോ ഇതിനെ പ്രകാശിപ്പിക്കുന്നത് ആ പ്രകാശത്തിൽ നിന്ന് വേറിട്ട് ഇവിടെ മറ്റൊരു പ്രപഞ്ചമില്ല ആ പ്രകാശത്തിലെ പ്രതീതി മാത്രമാണത് അത് വ്യാവഹാരികമായാലും ശരി പ്രാതിഭാസികമായാലും ശരി അതിൽ ഇതെല്ലാം അന്തർഭവിച്ചു കഴിഞ്ഞു ആ പ്രകാശത്തിൽ ഇതെല്ലാം അന്തർഭവിച്ചു കഴിഞ്ഞു ആ പ്രകാശത്തിലാണ് സുഹൃത്തേക്കുറിച്ച് അറിഞ്ഞത് ഞാൻ ഉറങ്ങി ഞാൻ സുപ്തനായിരുന്നു അതും അതിലന്തർഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ടിവിടെ പറഞ്ഞെന്താണ് ജ്ഞാനം ജേയം ഈ ജ്ഞാനജ്ഞേയങ്ങളിൽ സർവവും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവ വിഷയങ്ങളും അന്തർഭവിച്ചു അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് വേറിട്ടൊരു ാണ് ഈ ഭൂതമ അതിനെ ബാഹ്യമായി പഠിക്കുന്നു അതൊരിക്കലും അതിന്റെ സത്യ അസത്യങ്ങൾ വെടിപ്പെടുത്തത്തില്ല മറിച്ച് എന്താണ് അതിനെ പ്രകാശിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നു അതിനെക്കുറിച്ച് മനനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു ആ പ്രതീതി അതിൽ നിന്ന് വേറിട്ട് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു സ്വപ്നത്തിനെന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ജാഗ്രത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസിലാക്കുന്നു ജാഗ്രത പ്രതീതിക്ക് അന്യമായിട്ടിവിടെ പ്രപഞ്ചമുണ്ടാകും പ്രപഞ്ചത്തിന് സ്വതന്ത്രമായാലും നിലനിൽപ്പില്ല ഉന്മയില്ല ഈ ജാഗ്ര പ്രതീതിന് കേവലം വിഷയങ്ങൾ മാത്രമാണോ എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് എന്താണ് അത് വിജ്ഞയം ജാഗ്രതയും സ്വപ്നത്തെയും ഇങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ സുഹൃപ്തിയും ഈ തരത്തിൽ ബോധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് വിജ്ഞേയം എന്താണ് പരമാർത്ഥ സത്യം അതാണ് പരമാർത്ഥ സത്യം ജാഗ്രത നമുക്കറിവിന് വിഷയമായിരിക്കുന്ന ഈ അതുപോലെ അറിവിന് വിഷയമായിരുന്ന സ്വപ്നം അതുപോലെ നമ്മൾ ഈ സ്മരിക്കുന്ന സുഷുപ്തി ഇതൊന്നും പരമാർത്ഥ സത്യമല്ല വിജ്ഞേയമായിരിക്കുന്നതാണ് അതാണ് ജ്ഞാനം അതാണ് ത്രിയാഖ്യം അങ്ങനെ തുര്യൻ എന്ന് പറയുന്നു തുര്യൻ എന്ന് പറയുന്ന പരമാർത്ഥ സത്യം തുര്യൻ എന്ന് പറയുന്ന പരമാണത്ഥ സത്യം എന്ന് പറയുമ്പോൾ ജാഗ്രത ഈ പ്രതീതിക്ക് ആധാരമായിരിക്കുന്നത് സ്വപ്ന പ്രതിഭാസങ്ങൾക്ക് ആധാരമായിരുന്നതും ആരാണോ സ്വപ്നായിരുന്നത് സ്വയം അതാണ് തുര്യൻ അ തുര്യൻ അത് അദ്വയൻ എന്നാണ് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ് അത് ഏകനാണ് എങ്ങനെ ഏകനാകുന്നു ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുതിയിലും ആ ഏകൻ തന്നെയാണ് കാരണം ജ്ഞാനങ്ങൾ ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും സുഷപ്തിയിലെയും അത് പരമാർത്ഥമല്ല ആ ജ്ഞേയത്തിന് വിഷയമാക്കുന്ന ജ്ഞാനം ആ ജ്ഞാനത്തിന് ആധാരമായിരിക്കുന്നു അത് ാണ് അദ്വനായിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഗ്രാഹകനായ ഒരുവനിരിക്കുന്നു അവന് ഗ്രാഹ്യമായ സർവവും ഇരിക്കുന്നു ഇവിടെ അനേക ഗ്രാഹകന്മാരില്ല ഞാൻ ഗ്രാഹകനായിരിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് കാണുന്ന സർവവും ഗ്രാഹികങ്ങളാണ് വേറെ ഗ്രാഹകന്മാരിൽ മറിച്ച് നമ്മൾ ചിന്തിക്കുന്നു എന്താണ് ഞാൻ ഗ്രാഹകനാണ് ഞാൻ നിന്നെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നീ ഗ്രാഹകനാണ് നീ എന്നെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ രണ്ട് ഗ്രാഹകന്മാരും അങ്ങനെ രണ്ട് ഗ്രാഹകന്മാരില്ല എന്തുകൊണ്ട് ഞാൻ നിന്നെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഞാൻ ഗ്രാഹകനായിരിക്കുന്നു ീ അപ്പൊ എവിടെയായി എന്റെ ഗ്രാഹ്യ കോടിയിൽപ്പെട്ടു എന്റെ ഗ്രഹണത്തിന്റെ വിഷയമായി എന്റെ ഗ്രാഹകൻ എന്ന് പറയുന്ന സ്ഥാനം എനിക്ക് മാത്രമേ ഇതാണ് ആത്മനിഷ്ഠമായ ഓരോ വ്യക്തിയുടെയും അനുഭവം എന്താണ് താൻ ഗ്രാഹകനായിരിക്കുന്നു മറ്റു സർവവും ഗ്രാഹ്യമായിരിക്കുന്നു സർവ്വത്ര ഈ അനുഭവമാണ് അനുസൃതമായിരിക്കുന്നത് ഓരോ ജീവന്മാർക്കും ഏതെങ്കിലും ഒരാളും മറിച്ചു വന്നാൽ ശരി എന്താണ് ഞാൻ ഗ്രാഹകനല്ല നീയാണ് ഗ്രാഹകൻ അങ്ങനെ ഒരു അനുഭവം വരുന്നത് ഒരേ അനുഭവം സർവത്ര അനിശ്ചിതമായി ഏകമായി ഇരിക്കുകയാണെങ്കിൽ അത് തന്നെ അദ്വയം എന്ന് പറയുന്നു അല്ലെങ്കിൽ അനുഭവത്തിന് മാറ്റം വരും ഒരേ ഗ്രാഹകന്റെ അനുഭവം വരികയാണ് അതെന്താണ് പല ഉപാധികളിൽ ഒരേ ആകാശത്തിന്റെ അനുഭവം ഉപാധികൾ മാറിയതുകൊണ്ട് ആകാശത്തിന് മാറ്റം വരുന്നില്ല അതുപോലെ പല ശരീരങ്ങളിൽ ഒരേ ഗ്രാഹകന്റെ അനുഭവം എല്ലാ ശരീരങ്ങളിലും അഹമഹം എന്ന് ഒരേ ഗ്രാഹകനെ അറിയുന്നു അഹമഹം എന്നറിയുന്നവനാണ് ഇവിടെ ഗ്രാഹകൻ എന്ന് പറഞ്ഞത് എല്ലാ ശരീരങ്ങളിലും ഒരേ ഗ്രാഹകന്റെ അനുഭവമാണ് ിക്കുന്നു ഇവിടെ അനുഭവിക്കാൻ പലരില്ല ആ ഗ്രാഹകനായിരിക്കുന്ന ഒരാളാണ് സർവശരീരങ്ങളിലും അഹം അഹം കാരണം അല്ലെങ്കിൽ ആ അനുഭവത്തിന് മാറ്റം അനുഭവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും ഇവർ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ സ്ഥാനത്ത് അതിന് പകരമായി അതിനെ മാറ്റിയിട്ട് നീ എന്നുള്ള അനുഭവം ഉണ്ടാവണം അങ്ങനെ ഒരുവിനും ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതുകൊണ്ട് എന്താണ് ഈ തുര്യൻ അദ്വൈതാണ് അദ്വൈതം എന്ന് പറയുന്നത് പൂർണ്ണമായും എന്താണോ സ്വ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി തരുകയുള്ളു സ്വ അനുഭവം എന്ന് പറയുമ്പോൾ അത് ആചാര്യന്റെ അനുഭവം എന്നുള്ളത് അനൊക്കെയല്ല മനസ്സിൽ സർവരുടെയും അനുഭവം എന്നുള്ളത് അനൊക്കെ പറയുന്ന ആചാര്യന്റെ അനുഭവമാണെങ്കിൽ അതുകൊണ്ട് ശിഷ്യൻ എന്താ പറയുവാനും സർവരുടെയും അനുഭവം എങ്ങനെയാകുന്നു കാരണം ഇവിടെ സർവ്വ ജീവന്മാരുടെ ഈ അനുഭവം ഏകം തന്നെയാണ് ഏതെങ്കിലും ഒരു ജീവനും മറിച്ചൊരു അനുഭവം ഉണ്ടാകുന്നു എങ്ങനെ അഹം എന്നുള്ള അനുഭവം അല്ലാതെ മറിച്ചൊരനുഭവം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ജീവഭേദം എങ്ങനെ വരുന്നു സർവർക്കും അഹമെന്നുള്ള അനുഭവമാണ് സർവത്ര സർവ്വശരീരങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ ജീവഭേദം എങ്ങനെ അത് കേവലം ശരീരഭേദമാണ് അല്ലാതെ ജീവഭേദമുണ്ട് ശരീരഭേദം കൊണ്ട് നമ്മൾ പറയുന്നു ജീവഭേദമുണ്ടെന്ന് ആ ശരീരത്തെ വിട്ടു ചിന്തിച്ചാലോ അദ്വയം അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് സർവരും അദ്വയ അനുഭവശാലികളാണ് അങ്ങനെ അദ്വയ അനുഭവശാലികളല്ലാത്ത ആരുമില്ല ഏതൊരു ശരീരത്തിന്റെ ഉള്ളിലാണോ ജീവഭാവം അഹമെന്ന് സ്ഫരിക്കുന്നത് സർവത്ര എന്താണ് സർവരും അദ്വയ അനുഭവത്തിലാണ് അങ്ങനെ എല്ലാ താരമില്ല എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണോ അദ്വയം അജം അതുകൊണ്ട് തന്നെ ആ അനുഭവത്തിന്റെ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ എന്താണ് ജനന മരണങ്ങളില്ല എന്നറിയാം കാരണം ഈ അനുഭവത്തിൽ ജനന മരണങ്ങൾ ജനന ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതവനെ അങ്ങനെ കരുതുന്നവനെ സംബന്ധിച്ചിടത്തോളം ജനന മരണങ്ങൾ എന്തുകൊണ്ട് ഈ ശരീരങ്ങളുടെ ഉത്പത്തിനാശങ്ങളിലും അനാദിയായി അനന്തമായി ഈ അഹം അനുഭവം നടന്നുകൊണ്ടിരിക്കുക അപ്പോ എവിടെയാണ് ഈ ജനന മരണങ്ങൾ സംഭവിച്ചത് ജനന മരണങ്ങൾ സംഭവിക്കുന്നില്ല നമ്മളെന്താ കരുതുന്നെന്താണ് ഞാൻ മരിച്ചു ഞാൻ ജനിച്ചു എന്ന് കരുതുന്നു അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് ഞാൻ മരിച്ചു എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഞാൻ മരിക്കും എന്ന് ഊഹിക്കാൻ കഴിയുന്നു അപ്പോ അവിടെയെല്ലാം അനുഭവങ്ങളെല്ലാം എവിടെ നിൽക്കുന്നു അനുഭവത്തിന്റെ ആധാരം എന്താണ് അഹമെന്നുള്ള അനുഭവത്തിലാണ് ഈ അഹമെന്നുള്ള അനുഭവം എന്താണ് തന്റെ നാശത്തിലും അതായത് തന്റെ ശരീരത്തിന്റെ നാശത്തിലും തന്റെ ശരീരത്തിന്റെ ും അതിനു മുമ്പും പിമ്പും എല്ലാം അനുസ്യൂതമായ സർവത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് പല ശരീരങ്ങളിലായി തന്റെ ഈ ശരീര ബോധമുണ്ടാകുന്നതിന് മുമ്പും അനേക ശരീരങ്ങളിൽ അഹമനുഭവം തന്നെ നിൽക്കുകയാണ് അനന്തമായ ശരീരങ്ങൾ ഈ ശരീരനാശത്തിനു ശേഷവും അനന്ത ശരീരങ്ങളിൽ അഹമനുഭവം നിൽക്കുകയാണ് ഈ അഹമനുഭവം അജമായി തന്നെ നിൽക്കുന്നു ജനനരഹിതമായി തന്നെ നിൽക്കുന്നു കേവലം ഈ ശരീരത്തിൽ മാത്രമേ ഈ അഹമനുഭവമുള്ളൂ എന്ന് സങ്കൽപ്പിച്ചിട്ടാണ് കരുതുന്നത് എന്താണ് ശരീരം താൻ മരിക്കുന്നു ആരും പറയാറില്ല എന്താണ് ശരീരം മരിക്കുക അങ്ങനെ പറയാറില്ല മറിച്ച് എന്താ പറയുന്നത് ഞാൻ മരിക്കുമെന്നാണ് തന്റെ അവസാനത്തെയാണ് കാരണം തന്റെ അവസാനം ഒരിക്കലും സംഭവിക്കാൻ സാധ്യമുള്ളതല്ല എന്തുകൊണ്ട് താനെന്ന് പറയുന്നത് കേവലീ ശരീരത്തിൽ നിൽക്കുന്ന അനന്ത ശരീരങ്ങളിൽ അനുസരിതമായിരിക്കുന്നതാണ് ഈ താനെന്നുള്ള അനുഭവം അപ്പൊ ആ താനെന്നുള്ള അനുഭവത്തിന്റെ നാശം അല്ലെങ്കിൽ അതിന്റെ ഉത്പത്തി ഒരിക്കലും സംഭവിക്കുന്നേയില്ല അതുകൊണ്ടെന്താണിത് അജമാണ് ആത്മതത്വം അജം ആത്മതത്വം അതാണ് വിജ്ഞയമായിരിക്കുന്നത് ഇപ്പൊ മൂന്നായി ഒന്ന് ജ്ഞാനം മറ്റൊന്ന് ജേയം മറ്റൊന്ന് തിരിയൺ എന്ന് പറയുന്ന വിജ്ഞയമായിരിക്കുന്നത് ഇവിടെ നേരിട്ട് മുമ്പെല്ലാം മറ്റുള്ള ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളെ പറഞ്ഞ് അതിനെ നിഷേധിച്ച് സ്വന്തം വാസ്തുസ്ഥിതിയെ ഗുണപ്പെടുത്തുകയായിരുന്നു ഇവിടെ അങ്ങനെയല്ല സ്വ അനുഭവത്തെ തന്നെ വിശകലനം ോധ്യപ്പെടുത്തുന്നു ഇരീയൻ അജനാണ് അദ്വയനാണ് അതാണ് ആത്മാവ് സദാ ഏതൗകാതിവിജ്ഞേയാതം ബുദ്ധ പരമാർത്ഥദൃശിഭർ ബ്രഹ്മവിദ് സദാ ഏകത്വ അനുഭവം അദ്വൈതമായ അനുഭവം തുര്യന്റെ അനുഭവം അത് സദാ സർവ്വതാവുള്ളതാണ് അതിനെ ഇനി അറിയണം എന്ന് കരുതി അതിൻ്റെ ഉപായങ്ങൾ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അതിനൊക്കെ പ്രവർത്തിക്കുമ്പോഴും താൻ അജനും അദ്വൈനുമാണ് വിജ്ഞയസ്വരൂപനാണ് അത് പിന്നീട് നാളെ ഒരു കാലത്ത് കണ്ടെത്തുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ട് ഒരുവന് അതിൽ നിന്നും മാറാൻ കഴിയുന്നില്ല ശരീരത്തിൽ നിന്നും നമുക്ക് മാറാൻ കഴിയും ശരീരത്തെ ഉപേക്ഷിക്കാൻ കഴിയും ശരീരത്തെ സ്വീകരിക്കാൻ കഴിയും പക്ഷേ ഈ അഹമനുഭവത്തിൽ നിന്നും മാറാൻ കഴിയുന്നില്ല അതുകൊണ്ട് പറയുന്നത് സദാസർവത ഉള്ളതാണ് പരമാർത്ഥ ദർശിപ്പിച്ചേഷി അത് സദാസർവത ഉള്ളതാണെന്നും ബോധിച്ചവനാണ് പരമാർത്ഥദർശി എന്നർക്കം സർവരും പരമാർത്ഥദർശികൾ തന്നെയാണ് ബ്രഹ്മവിദ്യ ആർക്കും ഈ അനുഭവത്തിൽ നിന്ന് മാറിയിക്കാൻ കഴിയുന്നില്ല അഹമനുഭവത്തിൽ നിന്ന് ആർക്കും ആർക്കും മാറാൻ കഴിയുന്നില്ല ആർക്കാണ് ഈ അഹമനുഭവത്തിന്റെ ഉത്പത്തിനാശങ്ങളെ അറിയാൻ കഴിയുന്നത് അതും ആർക്കും അറിയാൻ കഴിയുന്നില്ല ഇവിടെ ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത് നീ അജനാണ് അമരനാണ് നീ ജനിക്കാത്തവനാണ് മരിക്കാത്തവനാണ് ഇവിടെ ആരെങ്കിലും ജനന മരണങ്ങളെ തന്റെ ജനന മരണങ്ങളെ അറിയുന്ന ആരുമില്ല ഭൗതികമായും ലൗകികമായി ചിന്തിച്ചപ്പം നിങ്ങളറിയുന്നതൊക്കെ എന്താണ് അന്യന്റെ ജനന മരണങ്ങളെയാണ് സ്വന്തം ജനന മരണങ്ങളെ ആരെങ്കിലും അറിയുന്നുണ്ടോ ആർക്കും അറിയാൻ കഴിയുന്നില്ല ജനിച്ചതും അറിഞ്ഞില്ല മരിക്കുന്നതും അറിയുന്നില്ല അപ്പോ എന്തുകൊണ്ട് സ്വന്തം ജനന മരണങ്ങളെ അറിയാൻ കഴിയുന്നില്ല കാരണം അവൻ ഏകനും അദ്വയനും അജനുമായിരിക്കുന്നു അവനാണ് അതുകൊണ്ടാണ് അതറിയാൻ കഴിയാത്തത് അല്ലെങ്കിൽ അറിഞ്ഞല്ലേ അങ്ങനെ അല്ലാത്തതിൻ്റെയൊക്കെ ജനന മരണങ്ങളെ അറിയുന്നത് ശരീരത്തിന്റെ ജനന മരണങ്ങളെ അറിയുന്നുണ്ട് അന്യ ശരീരങ്ങൾ ജനിക്കുന്നതായും കാണുന്നുണ്ട് അന്യശരീരങ്ങൾ നശിക്കുന്നതായും കാണുന്നുണ്ട് പക്ഷെ തന്റെ ജനന മരണങ്ങളെ ആർക്കും അറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടവിടെ താൻ ഞാൻ എന്ന സ്ഫിരിക്കുന്ന ഈ ചൈതന്യം അത് ജനന മരണരഹിതമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിനറിയാൻ കഴിയാതിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നു സദാ സർവതാ ലൗകികാതി വിജ്ഞോന്തം ഈ ജ്ഞാനജ്ഞേയ വിജ്ഞേയങ്ങൾ അതിന്റെ ഈ അറിവ് വിജ്ഞേയാന്തം എന്നെന്തുകൊണ്ട് പറഞ്ഞു ജ്ഞാനജ്ഞേയങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുന്നു ജാഗ്രസ്വപ്ന സൂക്ഷികളെ നമ്മളങ്ങനെ വിശകലനം ചെയ്യുന്നു ജാഗ്രസ്വപ്ന സുഷുദ്ധികളുടെ വിശകലനമാണ് ഞാൻ വിശകലനം എന്ന് പറയുന്നു അതവസാനം എവിടെ എത്തിച്ചേരുന്നു വിജ്ഞയാന്തം തന്നെ തന്നെ എത്തിച്ചേരുന്നു അഹം അനുഭവത്തിൽ എത്തിച്ചേരുന്നു തന്നെ കുറിച്ചുള്ള അനുഭവത്തിലെത്തിച്ചേർന്നു തന്റെ ഉള്ളിലുള്ള ആ ചൈതന്യസ്ഫരണത്തിലെത്തിച്ചേരുന്നു അവിടെ എത്തിച്ചേരുമ്പോഴാണ് ഇതിനൊക്കെ സമാധാനം വരുന്നത് അവിടെ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താണ് തനേകനാണ് അജനാണ് അമരനാണ് എന്തെല്ലാം തന്റെ ചിന്ത തന്നിൽ എത്തിച്ചേർന്നാലേ മനസ്സിലാകത്തു അതുവരെ നമുക്കത് മനസ്സിലാകത്തില്ല പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ അജനാണോ അമരനാണോ അദ്വൈനാണോ ഒന്നുമില്ല കാരണം ഇവിടെ അനുഭവപ്പെടുന്നത് എന്താണ് ഉത്പത്തിസ്ഥിതി നാശങ്ങളാണ് ഭേദമാണ് അനുഭവപ്പെടുന്നത് അദ്വൈമല്ല പക്ഷേ തന്നിൽ എത്തിച്ചേരണം അവിടെ മനസ്സിലാവുന്ന എന്താണത് അജനും അമരനും ഏകനും അദ്വയനുമാണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടുകൂടെ പറഞ്ഞെന്താണ് വിജ്ഞേയാന്തം ചിന്തകളെല്ലാം ഇരുന്ന് അവസാനിക്കുന്നത് വിജ്ഞേയമായിരിക്കുന്ന സ്വസ്വരൂപത്തിലാണോ അങ്ങനെ എത്തിച്ചേർന്നാൽ അതുകൂടെ ആവശ്യം കാരണം നമ്മൾ ജാഗ്രതയും സ്വപ്നത്തെയും കുറിച്ച് പഠിക്കും പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ജാഗ്രസ്വപ്നങ്ങളുടെ പഠനമാണ് അതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ആധ്യാത്മികമായ ശരി ഭൗതികമായ ശരി അത് ജാഗ്രസ്വപ്ന പഠനമാണ് ഇവിടെ അതന്നെ പറയുന്നത് വിജ്ഞേകാന്തം അതെല്ലാം വിജ്ഞേയമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ അവസാനിക്കണം അത് അവസാനിക്കാത്തവരാണ് നമ്മൾ ലൗകികനെന്ന് പറയുന്നത് അത് അവസാനിക്കുന്നവരെന്നു പറയും ബുദ്ധൈഹി ബുദ്ധന്മാര് തന്നിൽ അവസാനിച്ചവർ വിജ്ഞയാാന്തത്തിൽ അതവസാനിച്ചവർ ബുദ്ധേഹി പരമാർത്ഥദർശിവിഹി അവർ പരമാർത്ഥത്തെ ഗ്രഹിച്ചിരിക്കുന്നു അതാണ് സർവരും സാക്ഷാത് അനുഭവശാലികളാണെങ്കിലും അതാണ് പരമാർത്ഥമെങ്കിലും ആ പരമാർത്ഥദർശികൾ വിരളം അല്ലെ സർവരും ആത്മസ്വരൂപികളാണെങ്കിലും ും അമൃതസ്വരൂപികളാണെങ്കിലും ആ അമൃതത്വത്തെ പ്രാപിച്ചവർ അത് വിരളം പരമാർത്ഥദർശി ബ്രഹ്മവിദ്ധി പ്രകീർത്തി ബ്രഹ്മജ്ഞാനികൾ ആചാര്യന്മാർ ഇതെല്ലാം വ്യക്തമായി ശിഷ്യന്മാരെ ബോധിപ്പിച്ചിട്ടുണ്ട് അതാണ് പരമാർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത് അവസ്തു അനുപലഭം ചോക്കോത്തരമേയ വിജ്ഞേയ സത ബുദ്ധി പ്രവർത്തിക ത്വിധേ ജ്ഞേ സ്വയം ഹിത്രവേ മഹാധിയേ ലൗകികാതിവിഷയേ ജേയച്ച പൂവലൗകം സ്ഥൂലം തദന പശ്ചാത്തം ലൗകികം തദാവന ലോകോത്തരം കമ്മേണ സ്ഥാനത്രയാ പരമാർസത്യേ അദ്വേദി അതിർകാതിശയവസ്തുവിഷയബുദ്ധിവാംവിധ സകദ്വിദിത്തെ സ്വപ്ന വ്യഭിചാര അഭാവാദിത്യർത്ഥ നരമാർത്ഥവിതോ ജ്ഞാനോദ്ഭവ അഭിഭവസ്ഥ സുഷു ഇതിന്റെ വിശകലനത്തിന്റെ ഫലത്തെ കുറിച്ച് പറയും അതെങ്ങനെയത് ഫലവത്തായിത്തീരുന്നു എന്നാണ് ഞാനേച്ച ലൗകികാദിവിഷയെ എന്ന് പറഞ്ഞ് ലൗകികാദികളെ കുറിച്ച് ലൗകികം ശുദ്ധ ലൗകികം ലോകാതീതം അല്ലെങ്കിൽ ലോകോത്തരം ലൗകികം ജാഗ്രത ശുദ്ധ ലൗകിക സ്വപ്നം ലോകാതീതം സുഷക്തി ഇതിന്റെ ജ്ഞാനം ഇതിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോ എന്താണ് ഈ വിചാരജന്യമായ ജ്ഞാനം ചോദിക്കുന്നു ചോദിക്കാൻ പ്രയോജനം കാരണം ഇവിടെ പറയുന്നത് എന്താണോ അജനും അദ്വയനും അഭയനുമായിരിക്കുന്ന തിരിയനാണ് നീ അതാണ് ഇതിന്റെ സ്വരൂപെന്ന അതാണെന്റെ സ്വരൂപമെങ്കിൽ പിന്നെ ഈ വിചാരത്തിന്റെ ആവശ്യം തോന്നുന്നു ശാസ്ത്രത്തിന്റെ ആവശ്യം തോന്നുന്നു ഗുരുവിന്റെ ആവശ്യം തോന്നുന്നു അതുകൊണ്ടെന്താ പ്രയോജനം ഞാനതാണ് അപ്പൊ അതിന്റെ പ്രയോജനം ഇത് തന്നെയാണ് എന്താണോ ഞാനതാണെന്നറിഞ്ഞതല്ല എന്റെ പ്രയോജനം അത് ശാസ്ത്രവും ഗുരുവും മനനവും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നീ ഇതറിഞ്ഞില്ല ഞാനതാണെന്നറിഞ്ഞില്ല അതുവരെ ഞാൻ എന്താണെന്ന് ചിന്തിച്ചതുകൂടിയില്ല താൻ എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇല്ല ഇതിലൂടെ അല്ലാതെ ചിന്തിക്കാറുണ്ട് ശാസ്ത്രത്തിലൂടെയും ഗുരുവിലൂടെയും അല്ലാതെ ചിന്തിക്കാറുണ്ട് അല്ലാതെ തന്നെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സഹജമായി തന്റെ മനസ്സിൽ എന്താണോ തന്നെ കുറിച്ച് അനുഭവപ്പെടുന്ന അത് മാത്രം നാമരൂപങ്ങളോടുകൂടി തന്നെ അറിയും പുരുഷനായി അറിയും സ്ത്രീയായി അറിയും അവസ്ഥകളിലറിയും ഇങ്ങനെ പലതരത്തിനും അറിയും ഇതിന്റെ പ്രയോജനം ശാസ്ത്രം ഇത് ബോധിപ്പിക്കുന്നതിന്റെ പ്രയോജനം എന്താണോ എന്നെ തുര്യനായി അറിയുക അത് ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയുന്നു അല്ലെങ്കിൽ ഗുരുവിലൂടെ അറിയാൻ കഴിയുന്നുള്ളു താൻ അജനും അദ്വയനും ആണെന്നുള്ള ജ്ഞാനം ആ ജ്ഞാനത്തിൽ നേരിട്ടങ്ങത്തിച്ച് വരാൻ കഴിയുന്നില്ല നീ തുര്യനാണ് എന്നൊരാള് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും അപ്പോൾ ഈ ശരീരം എന്റെ ഈ ജാഗ്രത അനുഭവം ഞാൻ തുരിയനാണെങ്കിൽ അദ്ദേയനായ തുലീയനാണെങ്കിൽ എങ്ങനെ എനിക്ക് നാനാത്വബോധമുണ്ടായി അപ്പോൾ അവിടെ ചിന്ത ആവശ്യമായിട്ട് വരുന്നു മനനം ആവശ്യമായിട്ട് വരുന്നു മനനം കൂടാതെ നടക്കുന്നില്ല പരമാർത്ഥം ഇന്നതാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മനനത്തിന്റെ ആവശ്യം പരമാർത്ഥം ഇന്നതാണെന്ന് ബോധിക്കാൻ അല്ലെങ്കിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മനനത്തെ ആശ്രയിച്ചേ പറ്റും അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഞാനേ ലൗകികാദി വിഷയേ ഈ ലൗകികാദി വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൂടിയേരിക്കും നമ്മൾ നിരന്തരമായി അനുവർത്തിച്ചു വരുന്ന ഈ ജ്ഞാനം ഇത് സഫലമാണെന്നർത്ഥം ഇത് കൂടാതെ സാധ്യമല്ല ഇതുകൂടാതെ പരമാർത്ഥത്തെ ബോധിക്കാൻ സാധ്യമല്ല ഇതുകൂടാതെ പരമാർത്ഥത്തെ ബോധിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ ആവശ്യം വരത്തില്ലായത് പക്ഷെ ഇതിന്റെ ആവശ്യം വന്നിരിക്കുന്നു ഇതിനെക്കുറിച്ച് മനനം ചെയ്യേണ്ടി വരുന്നു എന്തുകൊണ്ട് മനനം ചെയ്യേണ്ടി വരുന്നു സംശയം വിപര്യം അജ്ഞാനം ഇതെല്ലാം നിലനിൽക്കുന്നു പരമാർത്ഥം താൻ പുരിയാണ് എന്നുള്ളതാണെങ്കിലും അജ്ഞാന സംശയ വിപര്യങ്ങൾ നിലനിൽക്കും അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ലൌകികാദി വിഷയത്തിലുള്ള ജ്ഞാനം കൂടിയേ തീരും ശ്രവണമനനീഹാസനങ്ങൾ കൂടിയേ തീരും അത് ബോധിക്കുന്നത് വരെ ശ്രവണ മനനനിധ്യഹാസങ്ങൾ ആവശ്യമില്ലെന്ന് ഇവിടെ തന്നെ പറയും അത്യപ്പോ അത് ബോധിക്കുന്നിടത്ത് പാരമാർത്ഥികമായ നിലയിൽ അത് ആവശ്യമില്ല അല്ലെങ്കിലോ ഈ ജ്ഞാനം ആവശ്യമാണ് അതെല്ലാം വേറെ ഉപായമില്ല കാരണം ഇവിടെ അജ്ഞാനം ഇരിക്കുന്നു സംശയം ഇരിക്കുന്നു ഞാൻ ഏച്ച ലൗകികാദി വിഷയം അതുകൊണ്ടിത് മനനം ചെയ്യേണ്ടി വരുന്നു ജാഗ്ര സ്വപ്ന സുശൃക്തികളെ കുറിച്ച് മനനം ചെയ്യേണ്ടി വരുന്നു ലൗകികാതൂ ത്രിവിധി അങ്ങനെ മനനം ചെയ്യുമ്പോ എന്താണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മുടെ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അനുഭവപ്പെട്ടു ഈ പ്രപഞ്ചം ഇതാണല്ലോ തന്നെ സംസാരം എന്ന് വിളിക്കുന്നത് ആ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ആണല്ലോ ജനന മരണങ്ങളല്ല പിന്നെ എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് അതെല്ലാം അതിന്റെയൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് കേവലം ജ്ഞാന വിഷയവുമായിട്ട് മാത്രമാണ് അതിനപ്പുറം നമ്മൾ അതിൽ കൽപ്പിച്ചിരിക്കുന്ന പാരമാർത്ഥികത അത് അവിടെ ഇല്ല എന്ന് മനസ്സിലാവും ഈ അറിവില്ലാത്തവനെന്താണോ മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചത്തെ വാസ്തവമായി ഉള്ളതായി ഗ്രഹിക്കുന്നു മനനം ചെയ്യുന്നവനോ അതിനെ കേവലം നയമായി ഗ്രഹിക്കും നയമായി ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ജ്ഞാന വിഷയമായി ഗ്രഹിക്കും ജ്ഞാന വിഷയത്തിനപ്പുറം അതിനൊരു വസ്തുതയുണ്ട് അത് മനനം കൂടാതെ സാധ്യമല്ല അതെങ്ങനെ ഗ്രഹിക്കും മനനം ചെയ്യാതെ മനനം ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് മനനത്തിലൂടെ മനസ്സിലാക്കിയിട്ടാണത് അനുഭവത്തിൽ വരുന്നത് അതിനുമ്പ് മനനത്തിലൂടെ മനസ്സിലാക്കിയേ പറ്റും സ്വപ്നം ആ സ്വപ്ന ദൃശ്യങ്ങൾ അവിടത്തെ ന്യമായിരിക്കുന്നത് അത് അസത്യമാണെന്ന് അനുഭവത്തിലൂടെ ബോധിച്ചു രജസർപ്പം അവിടെ ന്യേയമായ വിഷയം അസത്യമാണെന്ന് അനുഭവത്തിലൂടെ ബോധിച്ചു മരുമ രീതിക അതും വളരെ കാലം അത് സത്യമാണെന്ന് ബോധിച്ചിരുന്നു പക്ഷേ ഒടുവിൽ അനുഭവത്തിലൂടെ മനസ്സിലായി അത് അസത്യമാണെന്ന് അപ്പം അനുഭവത്തിലൂടെ ആത്യന്തികമായി ബോധിക്കണം പക്ഷെ അനുഭവത്തിലേക്കുള്ള വഴി മനനമാണ് ശ്രവണ മനനങ്ങളാണ് ശ്രവണത്തിലും മനനത്തിനും അനുഭവത്തിലെത്തുന്നുണ്ട് അപ്പോൾ അതിനൊരു വഴിയായിട്ടെടുത്താൽ മതി അനുഭവത്തിനെത്തിക്കുന്ന വഴി അത് ഞേയത്തെ സംബന്ധിച്ച് അത് എങ്ങനെ മൂന്ന് തരത്തിൽ ജയം ജാഗ്രത സ്വപ്ന സുശക്തി ജ്ഞാനം മൂന്ന് തരത്തിൽ ജാഗ്രത സ്വപ്ന സുശക്തി ഈ ജ്ഞാന ന്യങ്ങളെക്കുറിച്ചുള്ള അനുഭവം മനനം അതിലൂടെ പരമാർത്ഥത്തെ ബോധിക്കുന്നുവെന്നാണ് പറഞ്ഞു വരുന്നത് ഈ മലനത്തിന്റെയൊക്കെ ആത്യന്തികമായ ഫലം സ്വരൂപജ്ഞാനമാണ് പൂർവലൗകികം സ്ഥൂലം ജാഗ്രത് അതിനെ പൂർവ്വലൗകികളിക്കുന്നു സ്ഥൂലമായിരിക്കുന്നു ഇതല്ല ഇത്തരത്തിൽ അറിയുന്നത് മലനം കൊണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ജാഗ്രതനെ അറിയുന്നതിനോ സ്വപ്നത്തെ അറിയുന്നതിനോ സുഹൃപ്തി അറിയുന്നതിനോ നമുക്ക് ഗുരുവിന്റെ ശാസ്ത്രത്തിന്റെ ആവശ്യം ഗുരു പറഞ്ഞിട്ടുള്ള നമ്മൾ അറിഞ്ഞത് ഇത് ജാഗ്രത കഴിഞ്ഞത് സ്വപ്നമാണ് മുമ്പുണ്ടായത് സുഹൃപ്തിയാണ് അത് ഗുരുവിന് ശാസ്ത്രം ബോധിപ്പിച്ചത് പക്ഷേ ഈ തരത്തിൽ അറിയണമെങ്കിൽ എങ്ങനെ ഇത് കേവലം ഞേ വിഷയമാണ് എന്നറിയണമെങ്കിൽ ഗുരു ശാസ്ത്രം കൂടിയെത്തിയത് ഗുരുവും ശാസ്ത്രവും ഉപദേശിക്കുന്നതാണ് എന്താ പൂർവ്വ ലൗകികം സ്ഥൂലം തദ്ഭാവേന പശ്ചാത്ത ശുദ്ധം ലൗകികം സ്ഥൂലത്തെ ബോധിക്കുന്നു ജ്ഞാനവിഷയമായി ബോധിച്ച് അതിനെ നിഷേധിക്കുന്നു വിവേകം കൊണ്ട് നിഷേധിക്കുന്നു മനനം കൊണ്ട് നിഷേധിക്കുന്നു എങ്ങനെ നിഷേധിക്കുന്നു അത് തുര്യനല്ല അതല്ല പരമാർത്ഥം അത് തുര്യനിലെ കേവല പ്രതീതി മാത്രമാണ് സ്വസ്വരൂപത്തിലെ പ്രതീതിയാണ് എന്നും മനണം കൊണ്ട് നിഷേധിക്കുന്നു അതാണ് തത് അഭാവന ശുദ്ധം ലൗകികം കുറച്ചുകൂടി സ്പഷ്ടമായത് അതുകൊണ്ടാണ് അതിന് ശുദ്ധമെന്ന് പറയുന്നത് ജാഗ്രത ശുദ്ധമല്ല എന്തുകൊണ്ട് ഇതിന്റെ അസത്യത്വം ബോധിക്കാൻ കഴിയുന്നില്ല ശ്രവണ കൊണ്ടും മലനം കൊണ്ടും അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല അത് അത്രയും ദൃഢമായി അതുള്ള സത്യത്വ ബുദ്ധി ദൃഢമാണ് പക്ഷേ സ്വപ്നം അങ്ങനെയല്ല ശുദ്ധമാണ് ഈ മാലിന്യങ്ങൾ അവിടെയില്ല ഇത്രയും ദൃഢമായ മാലിന്യം അവിടെയില്ല അതുകൊണ്ട് അത് അനായാസമായി കഴിയുന്നു അത് പരമാർത്ഥമല്ല അത് പരമാർത്ഥം അല്ല എന്ന് ബോധിക്കുന്നതിന് പരമാർത്ഥ ജ്ഞാനം വേണ്ട അജ്ഞാനത്തിലിരുന്നു കൊണ്ട് തന്നെ ബോധിക്കാൻ കഴിയുന്നു പക്ഷെ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കണമെങ്കിൽ പരമാർത്ഥ ജ്ഞാനം തന്നെ വേണം അജ്ഞാനത്തിലിരുന്നു കൊണ്ട് ഈ ജാഗ്രത പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ജാഗ്രതത്തിനെ അപേക്ഷിച്ച് സ്വപ്നശുദ്ധമാണ് അത് അനായാസമായി നമുക്ക് വെളിപ്പെടുന്നു അത് പരമാർത്ഥമല്ല അത് മാത്രമല്ല അവിടെ വെളിപ്പെടുന്നത് എന്താണ് ആ സ്വപ്നദ്രഷ്ടാവ് അത് പരമാർത്ഥമാണ് സ്വപ്നദൃശ്യം സ്വപ്നത്തിലെ ദർശനം എല്ലാം മാഞ്ഞുപോയെങ്കിലും ആ ദ്രഷ്ടാവായ ഞാൻ ഇവിടെ ഇരുന്നു അതിനെല്ലാം സ്മരിക്കുന്നു സ്വപ്നദർശനത്തെയും സ്വപ്നദൃശ്യത്തെയും സ്മരിക്കുന്നു എന്നിങ്ങനെ അനായാസമായി സ്വപ്നത്തിന്റെ അസത്യത്തെ മിഥ്യാത്വത്തെ ബോധിക്കാൻ കഴിയുന്നു അങ്ങനെ ബോധിക്കാൻ കഴിയുന്നത് കൊണ്ട് ഈ ജാഗ്രതത്തിനപേക്ഷിച്ച് ആ സ്വപ്നം വളരെ ശ്രേഷ്ഠമാണ് അത് ശുദ്ധമാണോ തദ്ഭാവീന ലോകോത്തരം അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ലോകോത്തര സുഷുപ്തി സുഷുപ്തി സഹജമായി തന്നെ ബോധിക്കുന്നു സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താണോ സ്വപ്നം കഴിഞ്ഞ് ജാഗ്രതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്വപ്നം സ്വപ്ന ദൃശ്യങ്ങൾ സ്വപ്ന ദർശനം അസത്യമാണെന്നും നമുക്ക് ബോധിക്കാൻ കഴിയുന്നു പക്ഷെ അത് വെച്ച് ജാഗ്രത അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നു ലോകോത്തരം ആയിരിക്കുന്ന സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് എങ്ങനെയാണോ സ്വപ്നത്തിൽ ജാഗ്ര ില്ലാതിരുന്നതുകൊണ്ട് നമ്മൾ അതിനെ അസത്യമെന്ന് ബോധിക്കുന്നത് അതുപോലെ സുഷുതിയിൽ ഈ ജാഗ്രത സ്വപ്നവും രണ്ടും ഇല്ലാതിരുന്നതുകൊണ്ട് രണ്ടും അവിടെ അസത്താണ് പരമാർത്ഥമല്ല എന്ന് നമ്മൾ ബോധിക്കും ആർക്കും ബോധിക്കും ജാഗ്രത ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യമാണെന്ന് ബോധിക്കുന്നവനും ഇത് സുഷുതിയിലും സത്യമായിരുന്നു എന്ന് ബോധിക്കുന്നില്ല അങ്ങനെ ബോധിക്കാനൊരു അറിവ് അവിടെയില്ല ഇത് നിധിയാണെന്നും ബോധിക്കണമെന്നില്ല പക്ഷെ ഇത് സത്യമാണെന്നുള്ള ഈ അനുഭവം ഇത് ഈ ജാഗ്രതയും മാത്രമേ ഉള്ളൂ അത് സുഷുതയില്ല അതുകൊണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠം ഈ രണ്ടിനെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് അതിന് ലോകാതീതം വ്യവഹാരാതീതം അനുഭവാതീതം ലോകോത്തരം എന്ന് പറയുന്നത് ഇത്യവും ക്രമേണ സ്ഥാനത്രയഭാവേന ഇങ്ങനെ മനനം ചെയ്തു നേരത്തെ പറഞ്ഞുണ്ടോ പരമാർത്ഥമാണ് താൻ സ്വസ്വരൂപം തന്നെ പരമാർത്ഥം അത് അന്യമല്ല അങ്ങനെയാണെങ്കിൽ അതാരും ബോധിക്കുന്നില്ല ശാസ്ത്രം ബോധിപ്പിക്കുന്നത് ഗുരു ബോധിപ്പിക്കുന്നതോ മനനത്തിനു വേണ്ടി ബോധിപ്പിക്കുന്നു മനനത്തിലൂടെ അത് ബോധിക്കുക മനനത്തിലൂടെ അതിനെ സ്വാനുഭവമാക്കി മാറ്റുക പരമാർത്ഥ സത്യെ ഇത്യവം ക്രമേണ ഇത്തരത്തിലുള്ള മനനത്തിലൂടെ ജാഗ്രികളുടെ അസത്യത്തെ ബോധിക്കുന്ന മനനത്തിലൂടെ സുഷുതിയും അസത്യമാണ് എന്തുകൊണ്ട് ഞാൻ സുപ്തനായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ സുപ്തനല്ല അപ്പോ ആ തന്റെ ആ സുഷുപ്തി അത് സ്ഥായിയല്ല ബോധിക്കുന്നു സ്ഥായി ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ സുഷുപ്തനായിരിക്കുന്നു ഇപ്പൊ എനിക്ക് സുഷുപ്തനായിരിക്കാൻ കഴിയില്ല ഞാനിപ്പോ ജാഗ്രതയിലാണ് വാ സുഷുപ്തി അത് സുഖമുള്ളതാണ് പതിൽ ഈ ലൗകികമില്ല അതുകൊണ്ട് അത് ലൗകിക അതീതമാണ് പക്ഷെ എന്നിട്ടും അതിവിടെയില്ല അതിവിടെ ഇല്ലാത്തതുകൊണ്ട് അതും പരമാർത്ഥമല്ല ആ അനുഭവം പരമാർത്ഥമല്ല സ്ഥാനത്രയ അഭാവേനെ അതുകൊണ്ടു പറഞ്ഞു സ്ഥാനത്രയ അഭാവമായിട്ട് ജാഗ്രത സ്വപ്ന സുഹൃത്തുക്കളെ നിഷേധിച്ചുകൊണ്ട് ഇതിനെല്ലാം അതീതമായി പരമാർത്ഥ സത്യേരി ഇതിനെല്ലാം അതീതമായിരിക്കുന്ന പരമാർത്ഥ സത്യം ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമാർത്ഥ സത്യം ഇതിനെല്ലാം സദാസ്മുരിച്ചു കൊണ്ടിരിക്കുന്ന പരമാർത്ഥ സത്യം അത് അദ്വയേ അജേ അഭയേ അതിനെ കുറിച്ച് വിശദീകരിക്കും അദ്വയവും അജവും അഭയവുമായിരിക്കുന്ന അതിനെ വിധിതെ അതിനെ അറിഞ്ഞിട്ട് ഈ അവസ്ഥകൾക്കെല്ലാം സത്താസ്ഫൂർത്തിയെ കൊടുക്കുന്ന സ്വസ്വരൂപം അതങ്ങനെ അറിയുമ്പോ അത് അകലുകയാൽ എന്ന് പറയുമ്പോ നമ്മളിതിനെല്ലാം അപ്പറേ വേറെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുകയാൽ ഏതെങ്കിലും ഒരു സമാധിയിലൂടെ കൊണ്ടുവന്നു മറ്റൊരു ലോകത്തോ അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥയിലോ എത്തിക്കുകയല്ല മറിച്ച് സ്വയമേവ ആത്മസ്വരൂപമേവ സ്വസ്വരൂപം തന്നെ നമ്മളെവിടെയെല്ലാം ഇറങ്ങിത്തിരിഞ്ഞു പോയാലും ശരി ഈ ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്കോ സൃഷ്ടിയിലേക്കോ സമാധിയിലേക്കോ എവിടെയാണ് പോവാം എവിടെല്ലാം പോയാലും അവസാനം തിരിച്ച് ഇവിടെ തന്നെ വരും ഇവിടെ തന്നെ എന്തുകൊണ്ട് വരുന്നു കാരണം ഇവിടെ ഈ സ്ഫുരണത്തെ ആശ്രയിച്ചിട്ടാണ് ഈ മനനങ്ങളെല്ലാം നടക്കുന്നത് ഈ സ്ഫുരണത്തെ ആശ്രയിച്ചിട്ടാണ് ജാഗ്രത സ്വപ്ന സുഖിയുള്ള സമാധിയെക്കുറിച്ചെല്ലാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പറയുന്നു സ്വയമേവാ ആത്മസ്വരൂപമേവാ ഈ ഗ്രാഹകനായി വൻ അതാണ് ആത്മസ്വരൂപം ആത്മസ്വരൂപത്തിൽ അവൻ എത്തിച്ചേരുന്നത് ജാഗ്രത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിൽ നിന്നും എങ്ങനെ തഥാവേന അതിനെല്ലാം നിഷേധിച്ചിട്ട് അതിനെല്ലാം നിഷേധിച്ചാൽ ശേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വപ്നത്തെ നിഷേധിച്ചാലും സുഷുപ്തിയും നിഷേധിച്ചാലും ഒന്ന് മാത്രം എടുത്താൽ കാരണം ഏതൊരു സ്ഫുരണത്തിലാണോ ഈ ജാഗ്രത അനുഭവം നിലനിൽക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു സ്വപായം എല്ലാ ഉപായങ്ങളും നിലനിൽക്കുന്ന ഇവിടെയാണ് ഗുരുവും ശാസ്ത്രവും ഇല്ല അങ്ങനെയാണ് നമ്മളിപ്പോ ജാഗ്രത എന്ന് വിളിക്കുന്നത് ഈ ജാഗ്രതയുടെ പെരുമാർ ഈ ജാഗ്രതത്തിനെയും നിഷേധിക്കുന്ന സ്വസ്ഫുരണത്തിനും സ്വയമേവ അതുകൊണ്ട് പറയുന്നത് ആത്മസ്വരൂപമാണോ സ്വസ്വരൂപമാണോ അങ്ങനെ ഈ ജാഗ്രതയിൽ നിന്ന് തുടങ്ങി സ്വപ്നം സുഷുതി മൂർച്ഛ സമാധി തുടങ്ങിയ അവസ്ഥകളെയെല്ലാം വേറെയെന്ന് കണ്ടറിഞ്ഞ് ഈ ജാഗ്രത്തിൽ വന്ന് ഈ ജാഗ്രത്തിനെയും നിഷേധിച്ചാൽ ശേഷിക്കുന്ന കേവലമായ സ്ഫുരണം അതാണ് സ്വരൂപം എന്ന് പറയുന്നത് ആ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ അവനാണ് സർവജ്ഞത അവനാണിരിക്കുന്നത് സർവജ്ഞത എന്ന് പറയുന്നത് അവൻ എന്തുകൊണ്ട് സർവജ്ഞതയിരിക്കുന്നു അവൻ ഇവിടെ അറിയാനുള്ള സർവഭൂമി എന്ന് പറയുന്നത് ഇത് ഇത്രേയുള്ളൂ എന്താണ് ജാഗ്രത സ്വപ്നം സൃഷ്ടി ഈ മൂന്നെണ്ണേ ഉള്ളു ഈ മൂന്നിനെയും ഒരുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സർവജ്ഞനായി അല്ലാതെ നമ്മൾ ധരിക്കുന്നതുപോലെ ഒരുപാട് നൂലാമാലകളെന്നും അറിയേണ്ട കാര്യങ്ങൾ ഇവിടെ ഈ മൂന്നേ പറയുന്നു ഞാനേ ചുവിധേ മൂന്ന് തരത്തിലുള്ള ജ്ഞാനജ്ഞയങ്ങളെ ജാഗ്രത സ്വപ്ന സുഷൃതികളെ ഇതിന്റെ പരമാർത്ഥം ബോധിക്കുന്നവൻ എങ്ങനെ ബോധിക്കുന്നു സ്വസ്വരൂപം സ്വസ്വരൂപമായി ബോധിക്കുന്നു അവൻ ജാഗ്രതത്തിന് സ്വപ്നത്തിനും സുഷൃത്തിക്കും അതീതനായിരിക്കുന്നു അതീതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ തുര്യനായിരിക്കുന്നു സ്ഥിരീനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷൃപ്തിക്കും അവൻ ആധാരമായിരിക്കുന്നു അവനെ ആശ്രയിച്ചിട്ട് ജാഗ്രത സുഹൃപ്തികൾ പ്രവർത്തിക്കുന്നു അവന്റെ ജ്ഞാനത്തിൽ ജാഗ്രത സ്വപ്ന സുഷൃപ്തികൾ പ്രകാശിക്കുന്നു അതാണ് സ്വരൂപസ്ഥിതി അതാണ് സർവജ്ഞത അതിനപ്പുറം സർവജ്ഞതയ്ക്ക് ഇവിടെ ഒന്നുമില്ല സർവശ്ചാസ് സർവജ്ഞാ ഇവിടെ സർവവും എന്ന് പറയുന്ന എന്താണ് ജാഗ്രസ്വത്തിന് സുഹൃത്തുക്കളല്ല അതിനപ്പുറമൊന്നുമില്ല സമാധിയെക്കോലും ഇവിടെ എടുക്കുന്നില്ല ഞാൻ ചേർത്ത് പറഞ്ഞു എന്നുള്ളതേയുള്ളൂ സമാധിയെക്കുറിച്ചൊക്കെയുള്ള തെറ്റായ ധാരണകൾ മനസ്സിലിരിക്കുന്നുണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഇവിടെ സമാധി എന്ന് പറയുന്ന എന്താണ് ഈ സ്വസ്വരൂപസ്ഥിതിയത് ജാഗ്രത സ്വപ്ന സുഷുതികളുടെ ആധാരമായിട്ടുള്ള സ്ഥിതി അല്ലെങ്കിൽ ഏതൊരു ചൈതന്യ സ്ഫുരണത്തിലാണോ ഈ ജാഗ്രസ്വപ്ന സുഷുതികൾ തുല്യമായി ഒരേ രൂപത്തിൽ ന്യേയങ്ങളായി കേവലം പ്രതീതിയായി നിലനിൽക്കുന്നത് അവിടെയാണ് സർവജ്ഞത്വം അനുസർവസ്വം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്ന സുഷുതികൾ സ്വരൂപസ്ഫുരണം ആ സ്വരൂപസ്ഫുരണതിനെയൊക്കെ നിലനിർത്തിയിരിക്കുകയാണ് എങ്ങനെ നിലനിർത്തുന്നു പരമാർത്ഥമായിട്ടല്ല ബാധിതമായി നിലനിർത്തിയിരിക്കുന്നു പരമാർത്ഥമല്ലാത്തതായി വീണ്ടും നിലനിർത്തിയിരിക്കുന്നു അങ്ങനെ നിലനിർത്തിയാൽ അവനെ സംബന്ധിച്ച് അവൻ ജാഗ്രതയിലാണോ അവൻ സ്വപ്നത്തിലാണോ അവൻ സുഷുതിയിലാണോ അവൻ ോ ഉണരുന്നോ ഉണ്ണുന്നോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല അവനെ സംബന്ധിച്ച് ഇത്രയും ഇവിടെ പറയുന്നുള്ളൂ എന്താണ് സർവിച്ച അവൻ സർവജ്ഞനാണ് തദ്വ ആ അവസ്ഥയാണ് ആ അവസ്ഥയുന്നത് എന്താണ് സ്വസ്വരൂപ അനുഭൂതി അതാണ് സർവജ്ഞത അതാണ് ഇവിടെ പറയുന്ന സർവജ്ഞത്വം ഇഹ അസ്മിൻ ലോകേ ഭവതി ഈ സർവജ്ഞത്വം എന്ന് പറയുന്നത് എന്താണ് ഇഹ ഇവിടെ അസ്മിൻ ലോകെ ഈ ശരീരത്തിൽ ഈ ശരീരത്തെ ആശ്രയിച്ചു കൊണ്ട് തന്നെ സംഭവിക്കുന്നു എന്നാണ് ലോകം എന്ന് വെച്ചിവിടെ പ്രധാനമായ അടുത്ത ശരീരം ഉണ്ടാവണം കാരണം ഇവിടെ ആരാണ് സർവജ്ഞനെന്ന് പറയുകയാണ് സർവജ്ഞനെന്ന് പറഞ്ഞ് നമുക്കൊരാളെ ചൂണ്ടിക്കാണിക്കും ത്മാവ് സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് അത് സർവജ്ഞൻ തന്നെയാണ് അത് സർവജ്ഞനെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇവിടെ നമ്മൾ അന്വേഷിക്കുന്ന ആരാണ് ആരാണ് ഈ സർവജ്ഞതയെ ബോധ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് ഈ തുര്യനെ ബോധ്യപ്പെട്ടിരിക്കുന്നത് അവിടെ നമ്മൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഗുരുവിനെയാണ് അപ്പോൾ അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അസ്മിൻ ലോകെ ഈ ശരീരത്തിൽ ആ സർവജ്ഞത്വം ഈ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു ഇവിടെ പറയുന്ന ഈ തുര്യ അധികമത്തിലൂടെ തുരിയ സാക്ഷാത്കാരത്തിലൂടെ അതിനുള്ള ഉപായം എന്താണ് ജ്ഞാനേജ് ത്രിവിധയെ ഈ ത്രിവിധമായ ജ്ഞാനജ്ഞയങ്ങളുടെ മനനത്തിലൂടെ അടുത്ത കാര്യയിലും ഇക്കാര്യം തന്നെ ഒന്നുകൂടി വിശദീകരിക്കും ആ ശ്രവണ മനന നിതിധ്യാസനങ്ങളെന്ന് പറഞ്ഞു പറയും എന്തായാലും ഇതിനൊരു ഉപായം കൂടിയെത്തി പരമാർത്ഥം ഇതാണെങ്കിലും ആ പരമാർത്ഥവും ഇതുമായിട്ടുള്ള ബന്ധമെന്താണ് ഇതുമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രവും ഗുരുവും ഒക്കെയായിട്ടുള്ള ബന്ധം ഇതിന്റെ സാർത്ഥകത എന്താണ് പരമാർത്ഥ ത്തിലെത്തിക്കുന്നതിന് ഇതിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ അക്കാര്യമാണ് ഇവിടെ പറയുന്നത് ഇതിനേക്കാശ്രയിച്ച് അത് സാധ്യമാണോ ഇതിനേക്കാശ്രയിക്കാന്ന് പറയുന്നത് ഇതിന്റെ ശ്രവണ മനനാദികളിലൂടെ സാധ്യമാണ് അത് ഇഹ അസ്മിൻ ലോകെ ഈ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉപദേഷ്ടാവായി ഒരു ഗുരുവായി അപ്പോ ശിഷ്യനെ സംബന്ധിച്ച് അവിടെ ഒരു ഗുരു പ്രസക്തി സംഭവിക്കുന്നു അവിടെ പിന്നെ ശാസ്ത്രത്തിന് നനനിൽ കൊണ്ട് ഗുരുവില്ലെങ്കിൽ പിന്നെ ശാസ്ത്രത്തിന് എന്താ പ്രസക്തി എവിടെ നിന്ന് ശാസ്ത്രം വെളിപ്പെട്ടു അതുകൊണ്ട് പറയുന്നു യുഹ അസ്മിൻ ലോകെ ഈ ശരീരത്തിൽ ഭവതി സർവജ്ഞത്വം ഏത് ശരീരത്തിൽ മഹാധ്യഹ മഹാബുദ്ധേഹേ മഹാബുദ്ധി എന്നാണ് വിളിക്കുന്നത് സമ്പുദ്ധിയെ പ്രാപിച്ചവൻ ആണ് ബുദ്ധൻ എന്ന് പറയുന്നത് മഹാബുദ്ധിയെ പ്രാപിച്ചവനാണ് ബുദ്ധൻ പല ഭാഗത്തും അത് ആവർത്തിക്കുന്നുണ്ട് ഇത് മഹാബുദ്ധന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നു ആ മഹാബുദ്ധനിരിക്കുന്ന ബുദ്ധിയാണ് മഹാബുദ്ധി എന്ന് പറയുന്നത് പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്ന ബുദ്ധി അതാണ് ഇതിന്റെ അവസാനമായി പറയാനുള്ളതാണ് ആ സർവജ്ഞതയിൽ ആ സ്വരൂപ അനുഭവത്തിൽ അവന് മഹാബുദ്ധി എന്നും പറയുന്നു അവനാണ് ബുദ്ധൻ എന്നാണ് സർവ ലോക അതിശയ വസ്തുവിഷയ ബുദ്ധിത്വ സർവജ്ഞത്വം മഹാബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് സർവലോക വിഷയമായ ബുദ്ധിയല്ല സർവലോക വിഷയബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജാഗ്രത് പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലെ നാനാത്വം നാനാത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മൾ കാണാത്തത് കേട്ടത് കേൾക്കാത്തത് അറിഞ്ഞത് അറിയാത്തത് എല്ലാം അറിയുന്ന അത് സർവലോക വിഷയബുദ്ധിയാണ് അങ്ങനെ ഒരു സർവജ്ഞത്വമുണ്ട് ഈശ്വരൻ സർവജ്ഞനാണ് നമ്മൾ അറിഞ്ഞതും അറിയാത്തതും അറിയുന്നു കേട്ടതും കേൾക്കാത്തതും കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു സർവജ്ഞത്വം ഇല്ലെന്നല്ല പറയുന്നു ഇവിടെ പറയുന്ന സർവജ്ഞത്വം അതല്ല ഇഹ ലോക ഈ ശരീരത്തിൽ സംഭവിക്കുന്ന സർവജ്ഞത്വമാണ് അതീ ശരീരത്തിൽ സംഭവിക്കുന്ന സർവജ്ഞത്വമല്ല ഇവിടെ പറയുന്ന സർവജ്ഞത്വം എന്താണ് സർവലോക അതിശയ വസ്തുവിഷയ ബുദ്ധിത്വ സർവ ലോകാതിശയ വ വസ്തു ഈ പറയുന്ന ജാഗ്രത സ്വപ്ന സുഷുക്കികളാണ് ഇവിടുത്തെ ലോകങ്ങൾ അതല്ലാതെ വേറെ ലോകമില്ല ഈ ലോകത്തെ എന്ന് വെച്ചാൽ ലോകത്തെ അപ്പുറമുള്ള വസ്തു ഈ ലോകത്തെ എല്ലാം നിഷേധിച്ചുകൊണ്ട് നിലനിൽക്കുന്ന വസ്തു അല്ലെങ്കിൽ ഈ ലോകങ്ങൾക്കെല്ലാം ആശ്രയം കൊടുത്തുകൊണ്ട് ഇതിനാധാരമായി നിൽക്കുന്ന വസ്തു തിരിയൻ ആ വസ്തുവിഷയെ ബുദ്ധിത്വം ആ വസ്തുവിനെ കുറിച്ചുള്ള ബുദ്ധി അതുകൊണ്ടാണ് ഇവനെ മഹാബുദ്ധി എന്ന് വിളിക്കുന്നത് അവൻ ഇവനെ മറ്റൊന്നും അറിയേണ്ട കാര്യമില്ല ഈ ജാഗ്രതത്തിലെ നാനാത്വത്തെ അറിയേണ്ട കാര്യമില്ല സ്വപ്നത്തിന്റെ സുഷുത്തിന്റെ വിശേഷതകളൊന്നും അറിയേണ്ട കാര്യമില്ല ഈ സർവലോകത്തിനും അതീതമായിരിക്കുന്ന അതിനാധാരമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം അവൻ മഹാബുദ്ധിയാണ് എന്നാണ് അവനെ കുറിച്ച് എന്ത് പറയാം അവൻ എവിടെയാണ് അവൻ ആരാണ് അവന്റെ സ്ഥിതി എങ്ങനെയാണ് അവൻ ഭൂമിയിലാണോ അതോ കൈലാസത്തിലാണോ അതുപോലെയൊന്നും അങ്ങനെയുള്ള ഈ സർവജ്ഞൻ വിധ സർവത്ര സർവതാഭോതി അവന്റെ ആ സർവജ്ഞതയ്ക്ക് കാലദേശങ്ങളുടെ പരിമിതികളൊന്നുമില്ലാന്നുണ്ട് അവൻ എവിടെയാണ് അവൻ സർവത്ര അവൻ ആത്മസ്വരൂപിയായി സർവത്ര സ്ഥിതി ചെയ്യുന്നു ഏത് കാലത്തിൽ സദാകാലത്തിലും അവനൊരു കാലത്ത് അജ്ഞാനിയാകുകയും അടുത്ത സമയത്ത് അജ്ഞാനിയാകുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് പറഞ്ഞ് സർവതാഭവതി സഹൃത് വിജിതേ സ്വരൂപേ ഭാവ ആ സ്വരൂപ പ്രകാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നറിയില്ല ഇരുട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അണയുന്ന വെളിച്ചമല്ല അണയുന്ന വെളിച്ചം ഏതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആർജിക്കുന്ന അറിവുകൾ മനനത്തിലൂടെ ശ്രവണത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന അറിവുകൾ അത് മാറിപ്പോകും ഇതങ്ങനെയുള്ള പറയുന്നത് സഹൃത് വിദ്യതെ ഒരിക്കൽ അത് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ ഒരിക്കൽ ആ അനുഭൂതിയിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ സ്വരൂപേ അവിടെ പിന്നെ മാറ്റം സംഭവിക്കുന്നില്ല എന്നാണ് അത് മങ്ങി പ്രകാശിക്കത്തില്ല പ്രകാശിച്ചിട്ട് കെട്ടുപോകത്തില്ല അതിനുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവമല്ല പരോക്ഷമായ ജ്ഞാനമാണ് ഹി പരമാർത്ഥവിത ജ്ഞാന ഉദ്ഭവ അഭിഭവസ്ഥ പരമാർത്ഥജ്ഞാനിക്ക് ആ പരമാർത്ഥ ജ്ഞാനത്തിന്റെ ഉത്പത്തിനാശങ്ങൾ സംഭവിക്കുന്നില്ല എന്നർത്ഥം ശ്രവണത്തിൽ അങ്ങനെയല്ല നമ്മൾ ജ്ഞാനിയാകുന്നു അജ്ഞാനിയാകുന്നു മണ്ണത്തിനും മാറ്റമൊന്നുമില്ല അവിടെയും ജ്ഞാനിയായും അജ്ഞാനിയായും തുടരും ഇവിടെ പറയുന്ന എന്താണ് മഹാബുദ്ധി സർവജ്ഞൻ അങ്ങനെയല്ല ജ്ഞാന ഉദ്ഭവ അഭിഭവം ഞാനും ഉണ്ടാകുക അത് മറ്റൊന്നിനു കീഴ്പെട്ടു പോവുക കാമക്രോധങ്ങൾക്ക് അടിപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ അടിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനമല്ല അതൊന്നും സംഭവിക്കുക പ്രാരബത്തിന് അടിപ്പെട്ടു പോവുക പൂർവ്വ സംസ്കാരങ്ങൾ കൊണ്ട് അതില്ലാതാവുക വാസനകൾ അതിനെ ബാധിക്കുക ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം അങ്ങനെയൊന്നും സംഭവിക്കുന്നത് പരമാർത്ഥ ജ്ഞാനമല്ല അതെല്ലാം ലൗകീയമായ ജ്ഞാനമാണ് ജ്ഞാന ഉദ്ഭവ അഭിഭവ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ ഞാൻക്ക് സ്വയം തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതല്ല അജ്ഞാനിക്ക് താൻ ജ്ഞാനിയാണെന്നുള്ള ഭ്രമമുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി പറയുകയാണ് ഇത് ഉദ്ഭവ അഭിഭവങ്ങൾ ഉണ്ടാകുന്ന ജ്ഞാനം അല്ല വെറുതെ ആരെങ്കിലും കൽപ്പിച്ചു ഞാൻ ജ്ഞാനിയാണെന്ന് ഭാവിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അത്ര വലിയ ആളോ ആയിക്കൊള്ളട്ടെ ചെറിയ ആളും ആയിക്കൊള്ളട്ടെ വെറുതെ കരുതുകയാണ് ഞാനും ഒരു ജ്ഞാനിയാണ് ഇവിടെ പല ജ്ഞാനികളുണ്ടായി അതിന്റെ കൂട്ടത്തിൽ ഞാനും ഒരാളാണെന്ന് കരുതിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് ഒരു പ്രയോജനം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഇവിടെ ഞാനും ഉദ്ഭവ അഭിഭവങ്ങൾ സംഭവിക്കുന്നില്ല ഉത്പത്തി നാശങ്ങൾ അവിടെയില്ല അതുകൊണ്ടാണ് പറഞ്ഞു മഹാധീഹ മഹാബുദ്ധി യഥാന്വേഷാം പറഞ്ഞല്ലോ അസ്ഥി നാസ്തി അസ്ഥി നാസ്തീതി ഇങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള പല കൽപ്പനകളുണ്ട് പരസ്പരം നിഷേധിക്കപ്പെടുന്ന കല്പനകൾ അവിടെ ഈ ജ്ഞാനത്തിനുപത്തി നാശങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ അജാതിയിൽ ഇവിടെ ഇത് വെളിപ്പെടുത്തുന്ന ആചാര്യനെ സംബന്ധിച്ച് എന്താണ് ഉത്പത്തിനാശരഹിതമായ ജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് പറയുന്നു ജ്ഞാന ഉദ്ഭവ അഭിഭവസ്ഥ ഈ അനുഭൂതിയിൽ ജ്ഞാന ഉദ്ഭവാഭവങ്ങൾ സംഭവിക്കുന്നില്ല അയാണു മഹാബുദ്ധി അതാണ് ത്രിവിധേ ജ്ഞ വി സ്വയം ഹിസത്രീഹ മഹാധിയ